ക്ഷം സമുഗമേഖലം ഭക്ഷ്യം ഉപകാരേവ ഇതാകും സഖ ോനുഗഞ്ചന കാമ മുജന സമ്പതി സഞ്ചാരമയോനന്ദഭക്ഷേകമുഖ പ്രാധ്യസ്ഥതീയ സർവീക സീഷൻ സർവീവിൽ പോക്കാണ് സ്ഥാനു വൈശ്നുരു അപാര പ്രഥമ മാത്രീര വൈ സർവാൻ പാമാൻ പാരിസഖോധം വേദ സപ്സ്ത ഉപാരോ ദ്ധീയമർഭയോത്കർഷികം സമാനശ്ചോതി മഹ്മ വിളീഭവതിയം വേദ ൃതിയമ്രാമിതീർദംപീതിശ്ചോം വേദ മാതോ വ്യവഹരിപോധ ആത്മാനം ഇവം വേദ കത്തിനം <coughs> રૂં દ્રહક ગ્રહ અવત્ ચિત્તસ્ પન્દિતમેવ તયં ચિત્tam પરમાર્થદ આત્મેવેદી નિરવશીયં તેન નિરવશીયત્વેન નિત્યં અસંગં કરતિતમ અસંગોહ્યં પુરુષહવેદિສະદેતિ સવિશેષિ વિષયે સંગહ નિરવશીયત્વા ચિત્tam અસંગં વિધ્યાર્થઃ ചിത്രത്തിന്റെ രണ്ട് രൂപത്തെയും കാണിക്കുകയാണ് എന്ന് പറയുന്നു ചിത്രം തന്നെയാണ് ഗ്രാഹക രൂപത്തിൽ നിൽക്കുന്നത് മറ്റേ ദ്വൈതം ദ്വൈതമായിരിക്കുന്നത് ചിത്രമാണ് അടുത്തു പറയുന്നത് അദ്വൈതമായിരിക്കുന്നതും ചിത്രം തന്നെ വിഷയത്തോടു കൂടിയിരിക്കുന്നതും ചിത്രം തന്നെ വിഷയരഹിതമായിരിക്കുന്നതും ചിത്രം തന്നെ ചിത്തം നിർവിഷയം നിർവിഷയത്തിന് നിത്യം അസംഘം അതുകൊണ്ടത് അസംഘവ സംഘത്തോടു ചിത്തം തന്നെ അസംഗമായിരിക്കുന്നതും ചിത്രം തന്നെ ഒന്ന് തന്നെ രണ്ട് ഭാവത്തെ എന്തോ എങ്ങനെ വരുന്നു ഈ രണ്ട് ഭാവത്തെ എങ്ങനെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു ചിത്തസ്പന്ദിതം ഒന്ന് ചിത്തസ്പന്ദനം അതിനെ തന്നെ ചിത്തവിവർത്തം എന്നും പറയാം ചിത്തത്തിൽ ആരോപിതമായി എന്നും പറയാം ആരോപിതമായിരിക്കുന്നത് കൊണ്ട് തന്നെ ചിത്രത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല അസംഘോ ഹയം പുരുഷ ഇത് ശ്രദ്ധേഹ ശ്രുതിയും പറയുന്നു പുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അവർ ഇത് സംവിശയസിഹി വിഷയ സംഘം സവിഷയം വിഷയം ഉണ്ടായാൽ തന്നെ വിഷയത്തിൽ സംഘം വരുത്തണം എന്നാണ് വിഷയമേ ഇല്ലെങ്കിൽ പിന്നെ വിഷയത്തിൽ സംഘം വരും ഒരാൾ അസംഗനാകുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് നിസ്സംഗ ഭാവം എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നു ഇവിടെ പറയുന്നു വിഷയമേ ഇല്ല ഇല്ലാതിരിക്കുക പിന്നെ സംഘമൊന്നും സംഘമേയില്ലെങ്കിൽ പ്രാപിക്കേണ്ടതായ നിസ്സംഗത എവിടെ എന്നുള്ള വിഷയത്വാൽ ചിത്തം അസംഘം വിഷയരഹിതമായതുകൊണ്ട് ഇത് അസംഘമാണ് അതിനും വൈരുദ്ധ്യമുള്ളതുപോലെ തോന്നും നിസ്സലത്ത് പറയുന്നു നിസ്സംഗനാകണം എന്ന് പറയുന്നു അനുഭവത്തിൽ വന്നാണ് സംഘം ഉണ്ടെന്നുള്ളതാണ് അനുഭവം സംഘത്തിന്റെ അനുഭവം ഉള്ളത് കൊണ്ടാണ് നിസ്സംഗതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നത് പക്ഷെ ഇവിടെ പറയുന്നു എന്തിനോടാണ് സംഘം വരേണ്ടത് വിഷയത്തോടാണ് പക്ഷെ ഇത് ചിത്തം നിർവിഷയമാണ് അതുകൊണ്ട് സംഘം വരുന്നില്ലെന്നാണ് പിന്നെ സംഘത്തിന്റെ അനുഭവമുള്ളതോ സംഘത്തിൽ നിന്ന് മോചിക്കണമെന്ന് ആഗ്രഹിക്കുന്നു സംഘത്തിന്റെ അനുഭവങ്ങളും അതോ അതിനാണ് ആദ്യ സമാനം പ്രതി ഇത് ചിത്തസ്പന്ദനമാണ് ചിത്തസ്പന്ദനമെന്ന് പറയുമ്പോൾ അത് ചിത്രത്തിൽ നിന്നും വേറെയല്ല അതുകൊണ്ടാണ് ചിത്രത്തിൽ നിന്നും ഭിന്നമായൊരു വിഷയമില്ല അതാണ് ഇവിടെ പറയുന്നതിന്റെ പ്രധാനമന്ത്രി താല്പര്യം ജലത്തിന്റെ സ്പന്ദനമാണ് നല്ല തിരയും കുമ്പിളുകളും തന്നെ അത് ജലത്തിൽ നിന്നും വേറെയാകത്തില്ല ജലം തന്നെ അതുപോലെ തിരിയന്റെ സ്പന്ദനമാണ് ഇതം ഗ്രാഹി ഗ്രാഹകവർ ദ്വയം ഈ ദ്വൈതം എന്ന് പറയുന്നത് തിരിയനിൽ നിന്ന് വേറിട്ടില്ല ഏകം ഒന്ന് മാത്രമേ ഉള്ളൂ അദ്വയമായിരിക്കുന്ന തിരിയൻ മാത്രം രണ്ടാമതൊന്നില്ലെങ്കിൽ പിന്നെ കൂടെ എന്താണ് വിഷയം വേറിട്ടൊരു വിഷയം അതുകൊണ്ടാണ് ബന്ധമോക്ഷങ്ങൾ എല്ലാം കല്പനയെന്ന് പറയും രണ്ടാമതെന്നുണ്ടെങ്കിൽ അത് ചിത്രത്തിന് വിഷയമായിരിക്കും താല്പര്യതാണ് രണ്ടാമതൊന്നില്ല ഉള്ളത് അതിന്റെ സ്പന്ദനം മാത്രം അത് സ്പന്ദിക്കുന്നതുകൊണ്ട് രണ്ടാമതൊന്നുണ്ടാകാൻ പറ്റത്തില്ല കാരണം ഒന്ന് മാത്രം ഇരിക്കുക അതിൽ നിന്നിങ്ങനെ രണ്ടാമതൊന്നുണ്ടാവും രണ്ടാമതൊന്നുണ്ടാവണമെങ്കിൽ മറ്റൊന്നുകൂടി വേണം അതിൻ്റെ നിമിത്തമായിട്ട് അതിന്റെ കാര്യമായിട്ട് പലതുണ്ടാവണം അങ്ങനെയില്ല അങ്ങനെ ഇല്ലാതിരിക്കെ ഇത് നിത്യം അസംഗം നിത്യവും ഇത് വേകമായി തന്നെ ഇരിക്കുന്നു നിർവിഷയമായി തന്നെ ഇരിക്കുന്നു അതുകൊണ്ട് നിർവിഷയമായതുകൊണ്ട് ചിത്രം ആ സംഘമാണ് എന്നുള്ളത് പിന്നെ സംഘതയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അതിനെ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനം ഞാൻ സംഘമുള്ളവനാണ് സംഘത്തിൽ നിന്ന് മോചിക്കണം ഇത്തരത്തിലുള്ള ചിന്ത വ്യവഹാരം ഇതിനുള്ള അടിസ്ഥാനം എന്താണോ അടിസ്ഥാനം ഈ സ്പന്ദനമാണ് സ്പന്ദനമെന്ന് പറയുന്നത് ഒരു ഭ്രാന്തിയാണ് കേവലം ഒരു പ്രതീതി മാത്രമാണ് കേവലമായ ഒരു ഭ്രാന്തിയെ ആശ്രയിച്ചിട്ടാണ് നിസ്സംഗതയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളെല്ലാം അതെല്ലാം ബന്ധമോക്ഷങ്ങൾക്കുള്ള എല്ലാ പരിശ്രമങ്ങളും കേവലം ഭ്രാന്തി മാത്രമാണ് അതെല്ലാം ഈ ചിത്തസ്പന്ദനം എന്ന് പറയുന്ന ഇതെല്ലാം അടങ്ങിയിരിക്കുന്നു പറയുന്നു തുരിയൻ എന്താണ് തുര്യനാകാൻ വേണ്ടി ശ്രമിക്കുന്നത് അതാണ് ഒരാൾക്ക് മറ്റെന്തെങ്കിലും ആകാൻ വേണ്ടി ശ്രമിക്കാം പക്ഷെ അയാളാകാൻ വേണ്ടി എങ്ങനെ ശ്രമിക്കാൻ പറ്റും അത് പറ്റത്തില്ല എന്തുകൊണ്ട് അത് തന്റെ സഹജഭാവമാണ് സഹജഭാവമാകാൻ വേണ്ടി ഒരാൾക്ക് ശ്രമിക്കാൻ പറ്റും അതുപോലെ തുര്യൻ എന്ന് പറയുന്നതാണ് സഹജഭാവം ണം പറഞ്ഞാൽ ഒരാൾ ജാഗ്രത്തിൽ ഇരിക്കുന്നു ജാഗ്രത്തിൽ ഇരുന്നുകൊണ്ടയാൾ പലതും സങ്കല്പിക്കുന്നു തുര്യനെ കുറിച്ച് എന്നിട്ട് തുര്യേനിലെത്തിച്ചേരാൻ ശ്രമിക്കുന്നു തുര്യനായിത്തീരാൻ ശ്രമിക്കുന്നു അത് അസംബന്ധമാണെന്നാണ് ഇവിടെ പറയുന്നത് കാരണം ഒരിക്കലും അവന് തുര്യൻ അല്ലാതിരിക്കാൻ അല്ലാതാകാൻ കഴിയാ കഴിയത്തില്ല തുര്യൻ അല്ലാതിരുന്നിട്ടില്ല തുര്യൻ തന്നെയാണ് പിന്നെ തുര്യന് വേണ്ടി ഒരു ശ്രമം നടത്തിയാൽ അതുകൊണ്ടെങ്ങനെ തുര്യനായിത്തീരാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ സമയം പറയുന്നത് കർമ്മം കൊണ്ട് സാധ്യമല്ല അതിൻ്റെ ശ്രമം കൊണ്ട് സാധ്യമല്ല അടിസ്ഥാനമായിരിക്കുന്നത് തുര്യനായിരുന്നിട്ട് തന്നെ തുര്യനാകാൻ വേണ്ടിയുള്ള ശ്രമം അതിന്റെ അടിസ്ഥാനമായിരിക്കുന്ന ആ ഭ്രാന്തിമാർഗ് അത് മാത്രമേ ഇവിടെ ആവശ്യമാണ് എല്ലാ വ്യവഹാരങ്ങൾക്കും എല്ലാ കർമ്മങ്ങൾക്കും ആധാരമായിരിക്കുന്നത് കേവലമായ ഭ്രാന്തിജ്ഞാനമാണ് ആ ഭ്രാന്തിജ്ഞാനമാണ് ഇങ്ങനെ അനുഭവപ്പെടുന്നത് എന്താണോ താൻ ബന്ധനസ്ഥനാണോ താൻ തുര്യനായിരുന്നിട്ടും എനിക്കിനി തുര്യനായിത്തീരണം അതിനുള്ള സാധനങ്ങൾ ചെയ്യണം അതിനെല്ലാം പ്രാപിക്കണം ഈ തരത്തിലുള്ള കല്പനകൾ ഈ കല്പനകളിൽ നിന്നുള്ള മോചനമാണ് അതാണ് ഭ്രാന്തിയിൽ നിന്നുള്ള മോചനമെന്ന് പറയുന്നത് അതുകൊണ്ടാണിത് ഞാനും കൊണ്ടേ സാധ്യമാകുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഭ്രാന്തിയിൽ നിന്നുള്ള മോചനം വിവേകം കൊണ്ട് സാധ്യമാണ് ഇത് ഭ്രാന്തിയാണെന്നുള്ള തിരിച്ചറിവ് ആ തിരിച്ചറിവ് വരാത്തി കാലം അയാൾ അയാളുടെ സങ്കല്പത്തിലുള്ള ആ സാധ്യത്തിന് വേണ്ടി അയാളുടെ ഈ ഭ്രാന്തമായ സാധനങ്ങളിൽ ഇങ്ങനെ ഒഴുകി കഴിയും ഒരിക്കലും ഈ കുരുക്കളിൽ നിന്നും മോചിക്കാൻ കഴിയുന്നു കാരണം ഇതിനെല്ലാം അടിസ്ഥാനമായിരിക്കുന്ന ആ ഭ്രാന്തിയിൽ നിന്നും അത് മോചനം ലഭിക്കുന്നില്ല എന്ന് പറയുന്നു എന്താണോ നിർവിഷയത്വ നിർവിഷയ സ്വരൂപനാണ് ഈ നിത്യം അസംഗനാണ് അതുകൊണ്ട് ചിത്തം നിശ്ചിത്യം അസംഘമാണ് അതുകൊണ്ട് പറയും വേദാന്തത്തിൽ അത് വിധത്തിൽ പ്രത്യേകിച്ച് മതി എന്താണിത് പ്രാപ്യമല്ല പ്രാപിക്കേണ്ട ഒന്നല്ല വേണമെങ്കിൽ പറയാം എന്താണ് അത് പ്രാപ്തി പ്രാപ്യമാണ് പ്രാപ്ത്യമായന പ്രാപിക്കുമ്പോൾ പറയണം പ്രാപ്ത്യമായ പ്രാപിക്കാന്ന് പറഞ്ഞ എന്താണോ ഈ ഭ്രാന്തി മാറുക എന്ന് പറയുന്നത് ആ ഭ്രാന്തി മാറ്റുന്നതിനുള്ള വിവേകത്തിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് വിവേകത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത് ഇവിടെ ആചാര്യന്റെ അല്ലെങ്കിൽ ശാസ്ത്രം ആ വാസ്തവ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു ്രാന്തിരഹിതമായ അവസ്ഥയെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു അതേയുള്ളു ആ ബോധ്യപ്പെടൽ അതിന് ജ്ഞാനമെന്ന് പറയുന്നു അതുകൊണ്ടേ ഭ്രാന്തി മാറുന്നു അതുകൊണ്ട് ഇവിടെ വിശേഷിച്ചൊന്നും സംഭവിക്കുന്നില്ല എന്തിനെങ്കിലും ഇവിടെ ആർജിക്കുകയോ എന്നുവെച്ചാ മോക്ഷത്തെ ആർജിക്കുകയോ എന്തിനെങ്കിലും ത്യജിക്കുകയോ ചെയ്യുന്നില്ല സംസാരത്തെ ത്യജിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടിത് നിർവിഷയമാണ് സംസാരരഹിതമാണ് ത്യജിക്കാനൊന്നുമില്ല എന്തുകൊണ്ടത് അസന്ധമാണ് അതാണ് അതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം അതിനാണ് ഇവിടെ പറയുന്നത് ഇതിനെല്ലാം ഈ അനുഭവങ്ങൾക്ക് ബന്ധമോക്ഷങ്ങളെക്കുറിച്ചുള്ള ഈ അനുഭവങ്ങൾക്ക് പൊതുവായി പറയുന്ന ഒരു സമാധാനം എന്താണിത് ആണ് ഇത് തുര്യസ്പന്ദനമാണെങ്കിൽ തുരിയെ നിന്ന് വേറിട്ടൊന്നുമല്ല തുരിയസ്പന്ദനം എന്ന് പറയും അങ്ങനെയാണെങ്കിൽ ഇവിടെ ഗ്രഹിക്കാനും ത്യജിക്കാനൊന്നുമില്ല രണ്ടിനും ഒന്നുമില്ല ഇവിടെ സാധ്യവും സാധനയും സാധ്യമുള്ളവടെ തന്നെ സാധനയുടെ ആവശ്യമുള്ളൂ ഇത് പാരമാർത്ഥികമായ നിലയിൽ പറയുകയാണ് നമ്മൾ നിൽക്കുന്ന നിലയിൽ നമുക്ക് സാധ്യവും സാധനവും എല്ലാം കാണും എന്തുകൊണ്ട് നമ്മൾ നിൽക്കുന്നത് തികച്ചും ഭ്രാന്തി പൂർണമായൊരു നിലയിലാണ് ഭ്രാന്തമായൊരവസ്ഥയിലാണ് അവിടെ നമ്മൾക്ക് സാധ്യമുണ്ടെന്നു നമുക്ക് സാധനയുണ്ട് അങ്ങനെ നിങ്ങൾക്കൊരവസ്ഥയില്ലെന്നോ അവസ്ഥയിൽ സാധ്യ സാധനങ്ങളില്ലെന്നോ എന്നല്ല പറയുന്നു നിങ്ങളുടെ അവസ്ഥയെ നിഷേധിക്കാല്ല ചെയ്യുന്നു പരമാർത്ഥികമായ ഒരവസ്ഥ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു ഇതാണ് പരമാർത്ഥം നിങ്ങളത് ബോധിക്കുന്നു ബോധിക്കുന്നില്ല എന്നുള്ളതായിരിക്കും രണ്ടാമത്തെ കാര്യം ഒന്നുമായും നിങ്ങൾ ഈ ഭ്രാന്തിക്ക് വടിമപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് അവിടെ നിന്നുകൊണ്ടാണ് നമ്മുടെ കർമ്മജ്ഞാനങ്ങളെല്ലാം എന്നാണ് ഇവിടെ പറയുന്നത് അതല്ല പരമാർത്ഥം ആ പരമാർത്ഥത്തെ നമ്മൾ ബോധിക്കാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഈ സാധ്യസാധനങ്ങളുടെ തലത്തിൽ ഇങ്ങനെ ചുവന്നുകൊണ്ടേയിരിക്കും അവസാനമില്ലാതെ അനുബരതോ അയം സംസാര ഭാഷകാരം പറഞ്ഞു അവിടെയാണ് ബ്രഹ്മസൂത്രം ഈ സംസാരം അനുബരതമായി അനുവർത്തിച്ചു കൊണ്ടേ അതിന്റെ പരമാർത്ഥം ഇവിടെ പറയും ഇത് കേവലം ഏകമായി തന്നെ കാണുക ഒന്നിന്റെ തന്നെ സ്പന്ദനമായി കാണുക അതിനൊന്നായി തന്നെ കാണുക അതിനാണ് ഈ ഗ്രാഹിഗ്രാഹക ദ്വൈതം നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക പരമാർത്ഥത്തിൽ തന്റെ സ്വരൂപം അത് അസംഗമാണെന്ന് ബോധിക്കുക അസംഘം എന്നും മറ്റും പറയുന്നിടത്ത് ശബ്ദാർത്ഥത്തെ അല്ല ഇവിടെ വിമേഷിക്കുന്നെന്നും പറയുന്നിടത്ത് അതുകൊണ്ട് അതിന്റെ തത്വത്തെ ോധിക്കാൻ വേണ്ടി പറയൂസ്വയം നിർവിഷയം നിത്യം അസംഗർത്തിയസ് കൽത സംവൃദ്ധ ൃത്തർത ദർവശന ചേത്ത നിസ്സംഗത നമ്മുടെ അനുഭവത്തിന് വിരുദ്ധമായ കാര്യമെന്നാണ് നിർവിഷയത്വനു അസന്ധത്വം ചിത്രം നിർവിഷയമാണ് അതുകൊണ്ട് ചിത്രം അസംഘമാണെന്നോ ഇതെങ്ങനെ ശരിയാകും ചിത്തം സ്പന്ദിക്കുമ്പോ അത് വിഷയത്തോടു കൂടിയിരിക്കുന്നു അല്ല ഇവിടെ ചിത്രം അതുകൊണ്ട് തന്നെ എന്താണ് ചിത്രത്തിനങ്ങനെ നിസ്സംഗത വിഷയമില്ലാത്ത ചിത്രം നേരത്തെ പറഞ്ഞിരുന്നത് അന്യോന്യാശ്രിതമാണ് വിഷയമില്ലാത്ത ചിത്തം അങ്ങനെ ഒന്നുമില്ല ചിത്രത്തിന്റെ അനുഭവം നമുക്ക് എവിടുന്നാ തുടങ്ങുന്നത് സുഹൃത്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് പറയാം എന്താണ് അത് നിസ്സംഗമായിരുന്നു നിർവിഷയമായിരുന്നു പറയാം ഏകീഭൂതെ പറഞ്ഞത് ഇവിടെ ഏകമായി തന്നെ ഇരിക്കുന്നു ഏകമായിരിക്കുമ്പോ രണ്ടാമതൊന്നുമില്ല വിഷയമില്ല നിർവിഷയമായിരിക്കുന്നു അവിടെ ശരി പക്ഷെ ഉണർവിലേക്ക് വരുമ്പോ ഉറപ്പാക്കും അവിടെ ഇത് ഒരുമിച്ചാ വരുന്നത് ചിത്രം വരുന്നു അതോടൊപ്പം വിഷയം വരുന്നു വിഷയം വരാതെ ചിത്രത്തിന് വരാൻ പറ്റുന്നുള്ളൂ എന്ന് വെച്ചാൽ ഉണർവിലേക്ക് വരുമ്പോൾ അവിടെ അഹംബോധം ഞാൻ എന്നുള്ള ബോധം സ്ഫുരിക്കുന്നുണ്ട് ഉണർവിന് തുടക്കം അതാണ് പക്ഷെ അത് മാത്രമായി നീക്കത്തിന് ഉടൻ ഇതം ആ ബോധവും വരും അഹന്തയും ഇതന്തയും ഇത് ഒരേ ഒരു ബോധത്തിന്റെ രണ്ട് കോടികളെ പോലെ ആണ് പ്രകടമാകുന്നത് ഉറക്കത്തിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുന്നത് ഇതേതെങ്കിലും ഒന്നിനെ വിട്ടിട്ട് ഈ ചിത്രത്തിന് നിൽക്കാൻ പറ്റത്തില്ല അഹന്തേ വിട്ടിട്ടും വയ്യ ഇതെന്തേ വിട്ടിട്ടും വയ്യ ഇത് ചിത്രത്തിന്റെ രണ്ട് അഗ്രങ്ങളാണെന്ന് പറയാം അപ്പോൾ ചിത്രം വിഷയത്തെ കൂടെ അതെങ്ങനെ നിൽക്കിയത് യും രണ്ടു വിഷയങ്ങളോടുകൂടി ചിത്രം നീക്കത്തോളൂ അതുകൊണ്ട് ചിത്രം നിർവിഷയവുമായത് കൊണ്ട് അസംഗം എന്ന് പറയുന്നത് ശരിയല്ല നിസ്സംഗത ഭവതി അങ്ങനെയുള്ള ചിത്രത്തിന് അങ്ങനെ നിസ്സംഗത സംഭവിക്കും എന്നാ അനുഭവത്തെ ആസ്പദമാക്കി പറയുകയാണ് ഇത് ജാഗ്രത അനുഭവത്തിന്റെ തുടക്കം ഇങ്ങനെയാണിനി ശരിക്കും ഉണർന്ന് വ്യവഹാരത്തിലേക്ക് വന്നാലും ഇവിടെ ഇവിടെ ആചാര്യം പറയുന്നു അല്ലെങ്കിൽ ആചാര്യ വെളിപ്പെടുത്തിയ ശാസ്ത്രം പറയുന്നു പക്ഷെ ഇവിടെ ഒരു ആചാര്യന് ഒരു ശാസ്ത്രവും മാത്രം തന്നെ ലോകത്തിൽ പല ആചാര്യന്മാരും പല ശാസ്ത്രങ്ങളുമുണ്ട് യസ്മാ ശാസ്ത്ര ശാസ്ത്രം ശിഷ്യ സ്റ്റിത്യുമാതേ വിശേഷിയ വിദ്യമാനത്വം നിങ്ങളിവിടെ തുല്യ സ്പന്ദനമാണ് എന്ന് പറഞ്ഞ് ഈ ഭേദത്തെ നിരാകരിച്ചാലും ഈ ലോകം വീണ്ടും പഴയതുപോലെ തന്നല്ല തുടരുന്നത് ഇവിടെ ഗുരുവുണ്ട് ശിഷ്യനുണ്ട് ഉപദേശമുണ്ട് ഇത് പലതരത്തിലുണ്ട് വിഷയം നിലനിൽക്കുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത് അതിന് അദ്വൈതി എങ്ങനെയെല്ലാം നിരാകരിച്ചാലും ശരി ആ നിരാകരിക്കുന്നതുപോലും ഒരു വിഷയമായിട്ട് നീക്കും ഈ പറയുന്ന തത്വത്തിന്റെ നില എവിടെ എന്നാണ് ചോദിക്കുന്നത് അത് ശാസ്ത്രാവ് ശാസ്ത്രം ശിഷ്യം എന്ന് പറയുമ്പം മുമ്പ് ജീവിച്ച ശാസ്ത്രങ്ങൾ മാത്രം എടുക്കണ്ട നമ്മൾ ഇന്നത്തെതിനെ ചിന്തിക്കുമ്പോൾ നമ്മളെ ചുറ്റുപാടും കാണുന്ന മറ്റ് ശാസ്ത്രങ്ങൾ എല്ലാ ശാസ്ത്രങ്ങളും എന്താ ചെയ്യുന്നത് വിഷയങ്ങളെ അവഗ്രഹിച്ച് പഠിക്കുകയാണ് അതിന് വിഷയങ്ങളിൽ പുതിയ പുതിയ കണ്ടെത്തലുകൾ കണ്ടെത്തുക അതിനെ പലതരത്തിൽ ഉപയോഗിക്കുകയാണ് അതാണ് നമ്മുടെ ഇന്നത്തെ ശാസ്ത്രം ഇതെല്ലാം ഈ ലോകത്ത് വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിഷയത്തെ ആശ്രയിച്ച് ലോകം ഇങ്ങനെ വികസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കേവലം തത്വചിന്താപരമായി പറയണെന്താണ് ഇത് നിർവിഷയമാണ് ഇങ്ങനെ പറയുന്നതിന് എന്താ താൽപ്പര്യമുള്ളത് ഈ പറയുന്നത് എങ്ങനെ ശരിയാകും എന്നാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നതായാലും ഇത് കേവലമായ നമ്മുടെ അനുഭവത്തിൽ നിലനിൽക്കുന്നതായിക്കൊള്ളട്ടെ പക്ഷെ ലോകത്തിന് ഇതങ്ങനെ യോജിക്കുന്ന കാരണം ലോകത്ത് ലോകവ്യവാരം അതിന് എല്ലാം സത്യമായി കണ്ടുകൊണ്ടാണ് അത് മാത്രമല്ല ഇങ്ങനെ പറയുന്നവരെ സംബന്ധിച്ചും ഇത് നിർവിഷയമാണ് ചിത്തം എന്ന് പറയുന്നവരെ സംബന്ധിച്ചും അവർക്കും ഉണ്ട് എന്താണ് ഉപദേശമുണ്ട് ശിഷ്യന്മാരുണ്ട് ശാസ്ത്രമുണ്ട് എല്ലാവർക്കുമുണ്ട് അവരും മറ്റുള്ളവരെ പോലെ തന്നെ വിഷയങ്ങളെ പ്രതിപാദിക്കുകയാണ് ശാസ്ത്രമാർക്ക് വിഷയമാണ് ശിഷ്യൻ വിഷയമാണ് ഉപദേശം വിഷയമാണ് ഈ പറയുന്നതിന്റെ സാങ്കത്യം എവിടെയാണ് നിൽക്കുന്നത് എന്നാണ് ഇത് രണ്ടും കൂടി അങ്ങനെ പൊരുത്തപ്പെട്ടു ഒന്നൊരാള് പറയുന്നത് തന്റെ വ്യക്തിനിഷ്ഠമായ അനുഭവം വേണമെങ്കിൽ നമുക്ക് പറയാം പറയുന്നു തിരിയൻ മാത്രമേ ഉള്ളൂ ഇവിടെ നിന്നൊരു എന്ന് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ തന്നെ ഇതാരോട് പറയുന്നു ശിഷ്യനോടാണ് അപ്പൊ ശിഷ്യനോടെ അല്ലെങ്കിൽ പിന്നെ ഇതും പറയും നിർവിഷയമായ ഏകമായ സത്യമാണെങ്കിൽ ഇത് ആരാരെ ബോധിപ്പിക്കും ബോധിപ്പിക്കണം ഇതൊക്കെ സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അദ്വൈതി സംസാരിക്കുന്നു അദ്വൈതം അല്ലേ സംസാരിക്കണമെങ്കിൽ ഒരു ദ്വൈതം ശരി പറയുന്നു എന്നെ സംബന്ധിച്ച് ദ്വൈതമില്ല അദ്വൈതമേ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതാരാണ് ഇത് ബോധിപ്പിക്കുന്നത് അതും അദ്വുതമാണെങ്കിൽ പിന്നെ എന്തിനും ബോധിപ്പിക്കുന്നു ബോധിപ്പിക്കേണ്ട കാര്യമില്ല ബന്ധനസ്ഥനായ ഒരുവൻ ഇല്ലെങ്കിൽ പിന്നെ മോക്ഷത്ത പൂർജന്തിനും ബോധിപ്പിക്കുന്നു അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവിടെ ദുരിതമായല്ലോ ഇല്ലെങ്കിൽ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ കാണുന്ന അങ്ങനെ എല്ലാ ആചാര്യന്മാർ അദ്വൈതമെന്ന് പറഞ്ഞിട്ടും വീണ്ടും ബോധിപ്പിക്കുന്നു അദ്വൈതത്തെ ബന്ധമോശങ്ങളെ കുറിച്ചൊക്കെ വർണ്ണിക്കുന്നുണ്ട് അപ്പൊ അവിടെ അവർക്കും ബോധ്യപ്പെടുത്തേണ്ട വിഷയങ്ങളുണ്ട് അപ്പം വിഷയം വിദ്യമാനമാണ് അത് ഏകമാണ് പുതിയ സ്പന്ദനമാണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ ശാസ്ത്രാവ് ശാസ്ത്രം ശിഷ്യൻ ഇങ്ങനെയുള്ള ഈ ഭേദം തന്നെ കത്തില്ലെന്നോ എന്നാണ് എന്റെ സമാധാനം മുൻപ് പറഞ്ഞ തന്നെയാണ് എന്നാലും മറ്റൊരു തരത്തിൽ പറയുകയാണ് നമുക്ക് പൊതുവെ പറഞ്ഞു ഇപ്പൊ പറയുന്നെന്താണോ ഒന്ന് ആ തത്വം എന്റെ അനുഭവത്തിന്റെ നില അത് ഈ വ്യാവഹാരിക പ്രപഞ്ചത്തോടെ എങ്ങനെ പൊരുത്തപ്പെടുന്നു ആ രീതിയിലാണ് ഇവിടെ അങ്ങനെ പറയുന്നത് ഇത് എങ്ങനെ യോജിക്കും അജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വിഷയമുണ്ട് അവിടെ തർക്കമില്ല ജ്ഞാനിയുടെ വ്യവഹാരത്തിൽ വിഷയമില്ല എന്നാണ് ചോദിച്ചത് അവിടെ വിഷയമുണ്ടെങ്കിൽ പിന്നെ ജ്ഞാനിയും അജ്ഞാനിയും തമ്മിൽ എന്താ വ്യത്യാസം ഞാനിക്കെങ്ങനെ പറയാൻ പറ്റുന്ന വിഷയമാണ് പറയുന്നത് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്ന തത്വജ്ഞാനത്തെ സംബന്ധിച്ച് ദോഷമുള്ള കാര്യമൊന്നുമല്ല തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഇത് നിർവിഷയമാണെന്ന് പറയുന്നതും സംശയമാണെന്ന് പറയുന്ന ഒരുപോലെ അജ്ഞനെ സംബന്ധിച്ച് അങ്ങനെയല്ല അവനെ സംബന്ധിച്ച് നിർവിഷയമെന്ന് പറയാൻ പറ്റത്തില്ല അവന് സംശയമൊന്നേ പറയാൻ പറ്റത്തില്ല ഈ ലോകത്തെ സത്യമാണെന്ന് കണ്ട് ലോകത്തെ കുറിച്ച് പഠിക്കുന്നു അവിടെ പലതും കണ്ടെത്തുന്നു അതിനെല്ലാം ഉപയോഗിക്കുന്നു വീണ്ടും പഠനം തുടരുന്നു അവിടെ എന്താണ് അവന്റെ ചിത്തം സവിഷയകമാണ് അവന്റെ ചിത്തം അവനെ സംബന്ധിച്ച് സത്യമാണ് ആ ചിത്രത്തിന്റെ വിഷയങ്ങൾ അതുപോലെ സത്യമാണ് അതിൽ അവൻ ഭേദവും കാണുന്നുണ്ട് ചിത്തം വരെ ചിത്തവും വിഷയവും തമ്മിൽ ഭേദം കാണുന്നു വിഷയങ്ങളിൽ പരസ്പരം ഭേദം കാണുന്നു അവിടെ ദോഷമുണ്ട് ഇവിടെ ദോഷമില്ല എന്തുകൊണ്ട് കസ്മാ എന്തുകൊണ്ട് പറയും ഈ പദാർത്ഥ ശാസ്ത്ര വിദ്യതേ സൽ സമൃദ്ധിയത് കൽപ്പിതസമൃദ്ധിയാണ് നിങ്ങൾക്ക് ഏത് വിഷയങ്ങളെക്കുറിച്ചും പഠിക്കാം അതിൽ നിന്ന് പലതും കണ്ടെത്താം മനസ്സിലാക്കാം ഈ പ്രപഞ്ചത്തെ അതായത് ഈശ്വര ശ്രേഷ്ഠമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ സ്വന്തം കൽപ്പന കൊണ്ട് കൂടുതൽ കൂടുതൽ വിപുലപ്പെടുത്താം സ്വന്തം ചിത്തം കൊണ്ട് അങ്ങനെ വലുതാക്കണം അവിടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്യണം അതാണ് ശാസ്ത്രാദി ശാസ്ത്രങ്ങളും മരുചെയ്യുന്ന അതാണ് ഈ പരമാർത്ഥത്തെ വലിപ്പെടുത്തുന്ന ശാസ്ത്രങ്ങളാണ് മറ്റ് നാനാശാസ്ത്രങ്ങൾ പൗരാണികവും ആധുനികവുമായിട്ടുള്ള എല്ലാ ശാസ്ത്രങ്ങളും അതാ ചെയ്യുന്നു ശുചിത്വം ഈ പ്രപഞ്ചത്തെ വലുതാക്കുന്നു സൽപ്പിത സമൃദ്ധിയാണ് ഇവിടെ തത്വജ്ഞന് അതിനെ കുറിച്ച് പറയാനുള്ള എന്താണ് അത് ജീവനും കൽപ്പിത സമൃദ്ധിയാണ് അത് ആരോപിതമായ വ്യവഹാരമാണ് ഇത്രയുള്ള വ്യത്യാസം ഈ വ്യവഹാരങ്ങളിൽ മുഴുകിയിരിക്കുന്നു ീ പ്രപഞ്ചത്തെ പഠിക്കുകയും അതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളും ഗവേഷണങ്ങളൊക്കെ നടത്തുകയും അതിൽ പലതും കണ്ടെത്തുകയും അവന് വീണ്ടും അവന് ഉപയോഗിക്കുകയും വീണ്ടും ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുക അത് അവന്റെ ചിത്രത്തിൽ അതെല്ലാം സത്യമായി അനുഭവപ്പെടുന്നു ഇത്രയുള്ളു മുടാചാര്യൻ പറയുന്നത് അതൊന്നും അസംബന്ധമെന്നല്ല പറയുന്നു അത് കല്പിതസമൃദ്ധിയാണ് ആരോപിതമായ വ്യവഹാരമായി കാണുന്നു പരമാർത്ഥമല്ലാത്ത വ്യവഹാരമായി അത് കാണുന്നു ഇതെന്തിന് അത് ചോദിക്കും പ്രതിയകമായി നിർവിഷയമായ ഈ ചിത്രം ാണ് പരമാർത്ഥങ്ങൾ പിന്നെ എന്തിനീ കൽപ്പിതമായ വ്യവഹാരം ജീവന്മാർ സംഭവിക്കുന്നു ഇതിനെന്താ പ്രയോജനം ഉപായുവിന് സംവദിച്ച ഇത് വാസ്തവത്തിൽ ഈ വ്യവഹാരം ത് പരമാർത്ഥ പ്രതിബക്കുള്ള ഒരു ഉപായമാണ് പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നതിനുള്ള ഒരു ഉപായം അതാണ് ഈ ചിത്ത വ്യവഹാരം എന്ന് പറയുന്നത് അത് ഇവിടെ പറയുന്ന ഈ തത്വത്തെ വിട്ടുകഴിഞ്ഞാൽ ഈ പറയുന്നത് ശരിയാണ് ജ്ഞാനിയായിക്കൊള്ളട്ടെ അജ്ഞാനിയായിക്കൊള്ളട്ടെ ആരും ആയിക്കൊള്ളട്ടെ ഗുരുവിന്റെ ചിത്തം എന്താണ് ചെയ്യുന്നത് അതാ അന്വേഷണം തുറന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തെന്താണ് അടുത്തെന്താണ് അപ്പൊ ഒരു അന്വേഷണത്തിനും ആ ചിത്തം നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് എന്താ മനസ്സിലാക്കേണ്ടത് അത് പരമാർത്ഥത്തെ അന്വേഷിക്കുകയാണ് അപ്പൊ നിരന്തരമായി ഈ വ്യവഹാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ചിത്തം പരമാർത്ഥത്തിന്റെ പ്രതിബദ്ധിക്കുള്ള ഒരു ഉപായമായിട്ടാണ് വർധിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ശാസ്ത്രങ്ങളും എല്ലാ ശാസനങ്ങളും എന്താണ് അത് പരമാർത്ഥത്തെ തരുകയാണ് എന്താണ് ഇതിന്റെ സത്യം നമ്മൾ ഭൗതികമായും ഒരു വസ്തുവിനെ പഠിക്കുമ്പോഴും ബാഹ്യമായ ഭൗതികമായ വസ്തുവിനെ പഠിക്കുമ്പോഴും അവിടെ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതിന്റെ പരമാർത്ഥം എന്താണ് ഇതിന്റെ വാസ്തവം എന്താണ് ഇതിനപ്പുറം എന്താണ് ഈ ചിത്തം എന്ന് പറയുന്നത് എവിടെ ആയാലും അത് ഏത് ജീവനും നിലനിന്നാലും ശരിയാത് പരമാർത്ഥ പ്രതിപാദിക്കുള്ള ഒരു ഉപായമാണ് ആ അന്വേഷണത്തിലൂടെ പരമാർത്ഥത്തെ കണ്ടെത്താമെന്ന് എന്നിട്ടവർ ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുമ്പോൾ നമ്മൾ അവിടെ ചില കണ്ടെത്തലുകളിൽ എത്തിച്ചേരുന്നു ചിത്തം വിശ്രമിക്കുക എന്തുകൊണ്ട് വിശ്രമിക്കുന്നു അപ്പോ ചിത്രത്തിന് ബോധ്യപ്പെടുന്നു ആ ഞാൻ പരമാർത്ഥത്തെ കണ്ടെത്തി പക്ഷെ അടുത്ത നിമിഷം വീണ്ടും അത് പ്രവർത്തിക്കുന്നു അത് മനസ്സിലാവുന്നു ഇതല്ല ഇതിന്റെ പരമാർത്ഥം അതുകൊണ്ടാണ് അന്വേഷണങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നത് അതൊരിക്കലും അവസാനിക്കാത്തതുമുണ്ട് കാരണം അതിന് പരമാർത്ഥത്തെ കണ്ടുപിടിച്ചേ മതിയാവും അതുകൊണ്ട് ഒരു അന്വേഷണവും ആത്യന്തികമായി വ്യർത്ഥമല്ല കാരണം അത് പരമാർത്ഥത്തിന് തേടിയുള്ളതാണ് ഈ സമ്പ്രദി ഈ കാൽപ്പനികമായ വ്യവഹാരം എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒരാൾ ബാഹ്യമായി ഭൗതികമായി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു ആ ചിത്രം ആ ചിത്രം പരമാർത്ഥത്തെ ചിത്രം ഇങ്ങനെ അറിയുകയാണ് പക്ഷെ അയാൾക്കത് ബോധ്യപ്പെടുന്നില്ല എന്താണ് ഇത് കേവലം ഇത് സമൃദ്ധിയാണ് എന്നുവെച്ചാൽ കാൽപ്പനികമായൊരു വ്യവഹാരമാണ് ഈ ചിത്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അറിയുന്നില്ല എന്നുള്ള വ്യത്യാസമുണ്ട് ജീവൻ അവന്റെ സൃഷ്ടി മുതൽ അതിന്റെ നാശം വരെ അവന്റെ ചിത്തം എന്താ ചെയ്യുന്നത് ഇതിങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയും നമ്മൾ പഠിക്കുകയാണെന്ന് പറയും നമ്മൾ എന്ത് പഠിച്ചാലും ശരി പഠനത്തിന് യാതൊരു വ്യത്യാസവും ഇല്ല ഭൗതികമായി എന്തെങ്കിലും പഠിക്കുകയാണ് സയൻസോ ടെക്നോളജിയോ എന്തെങ്കിലും നിങ്ങൾ പഠിക്കുകയാണ് അല്ല നിങ്ങൾ പോയി വേദാന്തം പഠിക്കുകയാണെങ്കിലും ഈ രണ്ട് പഠനങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവും രണ്ടിടത്തും ചെയ്യുന്ന ഒരേ കാര്യം തന്നെ അവിടെയും നമ്മൾ പഠിക്കുന്നെന്താണ് പുതിയതറിയാൻ എന്താണിതിന്റെ യാഥാർത്ഥ്യം എന്താണ് ഇതിന്റെ സത്യം എന്നറിയാൻ വേണ്ടി പഠിക്കുന്നു ആരായത് പഠിക്കുന്നത് ചിത്തം ചിത്തപ്രവൃത്തിയാണ് നമ്മൾ പരമാർത്ഥത്തെ അറിയുന്നോ ഇല്ലയെന്നുള്ള കാര്യം അത് മറ്റൊന്ന് നിങ്ങൾ വേദാന്തമാണെങ്കിൽ അദ്വൈതം പഠിക്കാൻ പോയാലും അതല്ല അവിടെയും നിങ്ങൾ സത്യം എന്താണെന്നറിയാൻ വേണ്ടി പഠിക്കുന്നു ഇവിടെ അറിയുന്നോ അറിയുന്നില്ല എന്നുള്ള കാര്യം രണ്ടാമതേ ഉള്ളൂ രണ്ട് തമ്മിൽ യാതൊരു വ്യത്യാസവും ആരാണോ ഇത് മനസ്സിലാക്കുന്നത് ഇത് പരമാർത്ഥ പ്രതിപത്യുപായം എന്നുള്ള നിലയിൽ നിലനിൽക്കുന്ന ഇത് ഇതൊരു കാൽപ്പനികമായ വ്യവഹാരമാണ് എന്നും മനസ്സിലാക്കുന്നു ആ കാൽപ്പനികമായ വ്യവഹാരം എന്ന് പറയുമ്പോൾ ആ കാൽപ്പനികമായ വ്യവഹാരത്തിലൂടെ നമുക്ക് പരമാർത്ഥത്തെ വെളിപ്പെടുത്താൻ കഴിയത്തില്ല എന്ന് ബോധിക്കും ഒരു പഠനത്തിലൂടെയും ഇതിനെ വെളിപ്പെടുത്താനൊക്കെ എന്തുകൊണ്ട് ഇത് കാൽപ്പനികമായ ഒരു വ്യവഹാരത്തിന് വെളിപ്പെടുന്ന ഒന്നല്ല അതിലൂടെ നമ്മൾ സാധിച്ചുകളും വിചാരിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് സാധന വ്യർത്ഥമാണ് സാധ്യം വ്യർത്ഥമാണെന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് എന്നാൽ പരമാർത്ഥ പ്രതികർദ്ധിക്ക് ഉപായമെന്നുള്ള നിലയ്ക്കാണ് ഈ ചിത്രം സർവത്ര പ്രവർത്തിക്കുന്നത് മുമക്ഷുവനും അജ്ഞനും എല്ലാം അത് പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് കൽപിതാ ചസ പരമാർത്ഥ പ്രതിപത്യുവാന സമൃദ്ധിച്ചി ആ രീതിയിൽ ഈ ചിത്രവ്യവഹാരം അങ്ങനെ നിൽക്കുന്നു ഈ ചിത്രത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം അങ്ങനെയാണ് അങ്ങനെയുള്ള ചിത്രത്തെ ഇവിടെ എന്തുകൊണ്ട് നിർവശ്യമെന്ന് പറയുന്നു പരമാർത്ഥേനാസ്ത്യസ്വന വിദ്യ ഇത് കാൽപ്പനികമായ വ്യവഹാരമാണ് ഭൗതികമായാലും ശരി ആത്മീയമായാലും ശരി ഭൗതികമായി നമ്മളെന്തെങ്കിലും ആർജിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും അതായത് യോഗക്ഷേമങ്ങൾക്ക് വേണ്ടിയുള്ള വ്യവഹാരമായാലും ശരി ആത്മീയമായി എന്തെങ്കിലും മാർജിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും മോഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനുവേണ്ടിട്ടുള്ള ഈ പ്രവർത്തനങ്ങളായാലും ശരി ചിത്ത വ്യവഹാരമായാലും എന്താണ് ഇതെല്ലാം കൽപ്പിതസമ്പത്തിയാണ് മനസ്സിലാവും ഇതെല്ലാം കാൽപ്പനികമായൊരു വ്യവഹാരമാണ് ും പരമാർത്ഥ പ്രതിബദ്ധിക്കുള്ള ഉപായം എന്നുള്ള നിലയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നതിന് ഇതല്ലാതെ വേറെ ഉപായമില്ല അതുകൊണ്ട് ചിത്രം ഇങ്ങനെ തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു ചിത്രത്തിന് വിശ്രമിക്കാൻ ഒക്കത്തല്ല അതിനിപ്പോഴും ഇതിങ്ങനെ പരമാർത്ഥ തിരഞ്ഞൊണ്ടിരിക്കുന്നു ചിലര് തിരയുന്നത് ഈ പഴയ ഏടുകളിലൊക്കെ തിരയുന്നു ചിലര് പുതിയ കാര്യങ്ങൾക്കറിയുന്നു പരമാർത്ഥത്തിലെന്താണ് ഒന്നാസ്ത്യാസിത്യതെ വാസ്തവത്തിൽ നിർവിശയമാണ് പരമാർത്ഥത്തിലിവിടെ ഇത് കൽപ്പിതമായ വ്യവഹാരമാണെന്നറിഞ്ഞാൽ കൽപ്പിതമായ വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താണത് പരമാർത്ഥത്തിലുള്ളതല്ല അപ്പോ അവന് മനസിലാകുന്നു ചിത്തം നിർവിഷയമാണ് നിർവിഷമായ ചിത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൽപ്പനകളാണ് ഇതെല്ലാം നിർവിഷയമായ ചിത്രത്തിലെ കൽപ്പനകൾ അത് ചിത്തത്തിൽ പ്രത്യേകിച്ച് ഒരു ഗുണമോ ദോഷമോ ഉണ്ടാക്കുന്നു അത് ചിത്തത്തിന് ബന്ധത്തി ഉണ്ടാക്കുന്നില്ല ചിത്തത്തിന് അത് മോക്ഷം കൊടുക്കുന്നില്ല രണ്ടും ചിത്രത്തിന് അതുകൊണ്ട് സംഭവിക്കുന്നില്ല വിദ്യു ഈ പരമാർത്ഥം ബോധിച്ചു തന്നെ ഈ ചിത്രത്തിന്റെ സർവ വ്യവഹാരങ്ങളും വെറും കാൽപ്പനീയമായ വ്യവഹാരമാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ ചിത്തം നിർവിഷയം തന്നെ ചിത്തം നിർവിഷയമായി കഴിഞ്ഞാൽ അവിടെ ദ്വൈതം നിലനിൽക്കുന്നില്ല ഇത് കേവലമായ ഒരു തിരിച്ചറിവ് എന്ന് വേണമെങ്കിൽ പറയാം അതിനുവേണ്ടി ഞാനും ഒന്ന് പറയാം അതിനപ്പുറം ഇതിനകത്ത് മറ്റൊന്നുമില്ല ഏതുപോലെ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് പോലെ ഉറക്കത്തിൽ നിന്നുള്ള ഉണർവ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിർവചിക്കാൻ കഴിയത്തില്ല അതുവരെ എന്തായിരുന്നു അതിന് നേരെ വിപരീതം തന്നെ പറയാൻ പറ്റും നമുക്ക് ഉറക്കവും ജാഗ്രതയും തമ്മിൽ ഒരു തരത്തിലും താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല ഉറക്കത്തിന് ഏതെങ്കിലും താരതമ്യപ്പെടുത്തി അതുപോലെയാണ് ജാഗ്രത എന്ന് പറയാൻ പറ്റത്തില്ല ജാഗ്രത എന്തെങ്കിലും താരതമ്യപ്പെടുത്തിയിട്ട് അതുപോലെയാണ് ഉറക്കമെന്നു പറയാൻ പറ്റത്തില്ല ഇവിടെ പറയുന്ന ഈ പരമാർത്ഥത്തെ അങ്ങനെ ഏതെങ്കിലും ഉപമകളിലൂടെ താരതമ്യങ്ങളിലൂടെ ഒന്നും വെളിപ്പെടുത്താൻ ഒക്കത്തല്ല അത് ഉറപ്പവും ജാഗ്രതയും പോലെയാണ് പക്ഷെ ഓരോന്നും ഉറക്കത്തിൽ നിന്നും ജാഗ്രതത്തിലേക്ക് വരുന്നു എങ്ങനെയാണ് സംഭവിക്കുന്നു മാത്രമാണ് സംഭവിക്കുമ്പോൾ എന്ത് വരുന്നു അതുവരെ ഉണ്ടായിരുന്ന അവസ്ഥ പൂർണമായും അപ്രത്യക്ഷമാവും ജാഗ്രിരിക്കലും ഉറങ്ങാറുണ്ടോ പക്ഷെ ഉറങ്ങുമ്പോൾ ഉറക്കം തന്നെയാണ് അതുപോലെ ആ ഉണർവ് പറയുന്നു ജ്ഞാതേ അവിടെ ഉറക്കമില്ല അന്ധതയില്ല ദ്വൈതം നവിദ്യ അവിടെ ചിത്രം നിർവിഷയമാണ് നിർവിഷയമാണെന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇത് കാൽപ്പനികമായ വ്യവഹാരമെന്നുള്ള നിലയ്ക്ക് ചിത്തത്തിൽ ഇതെല്ലാം നിലനിന്നാലും അല്ലെങ്കിൽ കാല്പനികമായ വ്യവഹാരമെന്നുള്ള നിലയ്ക്ക് ചിത്തം സംവിശയമായാലും അതൊന്നും തന്നെ എന്നുവെച്ചാൽ അതതിന്റെ സ്വരൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു പരതന്ത്ര അഭിസമൃദ്ധിയ പരശാസ്ത്ര വ്യവഹാരേണ സാ പറയുന്നു ഇപ്പോ അദ്വൈതം ഇങ്ങനെ സ്വയം ബോധിക്കുകയും ബോധിപ്പിക്കുകയും ചെയ്യുന്നു ലോകം അങ്ങനെയല്ല ലോകം മറ്റൊരു രീതിയാണ് അതാണ് പരശാസ്ത്ര വ്യവഹാരം അന്യശാസ്ത്രങ്ങൾ ലോകറുടെ അനുഭവം ലോകരുടെ പ്രവൃത്തി ഇതെല്ലാം എന്താണോ ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ഈ വ്യവഹാരത്തിന്റെ സത്യത്തെ സാക്ഷ്യപ്പെടുത്തുകയാണെന്നല്ല അതുകൊണ്ട് ചോറ് ചോദിക്കുന്നു സ്വാമിയും ഞാനും മാത്രം ഈ അദ്വൈതം പറഞ്ഞിട്ട് എന്താ കാര്യം ഈ ലോകത്ത് ആരും തന്നെ ഈ അദ്വൈതത്തിലില്ലല്ലോ അത് പറയുന്നു പരശാസ്ത്ര വ്യവഹാരേണ പദാർത്ഥ മറ്റുള്ളവരുടെ വ്യവഹാരവും അനുസരിച്ച് ഈ പദാർത്ഥം ഉണ്ട് പ്രപഞ്ചമുള്ളത് തന്നെ അതീ പറയുന്ന അദ്വൈതയ്ക്കും അറിയാം കാര്യമാണ് ഇവിടത്തെ ഉപദേശിക്കുന്ന ആചാര്യനും അറിയാം പക്ഷേ അവിടെ എന്താണ് ചിത്തം ഈ പരമാർത്ഥത്തെ അന്വേഷിക്കുക അങ്ങനെയാണ് ഈ ചിത്തം ഈ പ്രപഞ്ചത്തെ വലുതാകൊണ്ടിരിക്കുന്നത് പക്ഷെ നാരായണശേരി പരമാർത്ഥത നിരൂപ്യമാണോ പരമാർത്ഥമായി ചിന്തിക്കുമ്പോൾ ഇതുവരെ ഇവിടെ പറഞ്ഞത് പരമാർത്ഥ നിരൂപണമാണോ ആ ചിത്രത്തിന്റെ വാസ്തവസ്ഥിതി എന്താണെന്ന് അവന് ബോധ്യപ്പെടുമ്പോ നാസ്തിയവ ഈ പരശാസ്ത്ര വ്യവഹാരങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്താണോ അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇവിടത്തെ ആചാര്യനെ സംബന്ധിച്ചിടത്തോളം പരശാസ്ത്ര വ്യവഹാരമുണ്ട് പരനും പരശാസ്ത്ര വ്യവഹാരവും പരശാസ്ത്ര വ്യവഹാരമുള്ളത് പരനാണ് താൻ ഇതിനെ സത്യമായി കാണുന്നു ഇതിനപ്പുറം ഒന്നും സത്യമായി കാണുന്നില്ല താൻ തന്റെ ചിത്തത്തെ കാണുന്നു ചിത്തത്തെ നിർവിഷയമായി കാണുന്നില്ല തന്റെ ചിത്തത്തിന് വിഷയങ്ങളുണ്ട് ഈ രീതിയിലാണ് തന്റെ ചിന്തയെങ്കിൽ തന്നെ സംബന്ധിച്ച് പല ശാസ്ത്ര വ്യവഹാരങ്ങളെല്ലാം നടക്കും അതിൽ എന്താണ് ഇത് കേവലം അനുഭൂതി മാത്രമാണ് ഇവിടെ പറയുന്നത് തേനഅ അതുകൊണ്ട് യുദ്ധം ഊദ്ധം അസംഘം തേന കീർത്തിതം അതുകൊണ്ട് ഇവിടെ ആചാര്യന് അസംഗതയെക്കുറിച്ച് പറയാൻ പറ്റും ചിത്രത്തിന്റെ നിർവിഷയത്തെക്കുറിച്ച് പറയാൻ പറ്റും അത് യുക്തിയുക്തമാണ് യുക്തിക്ക് നിരക്കുന്നതാണ് സ്വാനുഭവത്തിന് നിരക്കുന്നതാണ് രണ്ട് തലങ്ങളിലാണ് സംഭവിക്കുന്നത് അർത്ഥം ആചാര്യൻ ഉണർവിലിരിക്കും മറ്റുള്ളവരെല്ലാം ഉറക്കത്തിലടിക്കും അതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ചിത്തം നിർവിഷയമാണ് എന്ന് പറയുന്നത് പറയുമ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് സമാധാനം ഈ പറയുന്ന ആചാര്യൻ ആചാര്യൻ്റെ ചിത്തം പ്രവർത്തിക്കുന്നു ആചാര്യൻ ശിഷ്യനോട് ഉപദേശിക്കുന്നു ഇപ്പൊ എങ്ങനെ നിർവിഷയമാകും എന്ന് പറയുന്നു ആചാര്യന് ഇതെന്നെ അങ്ങനെ അറിയുന്നു കൽപ്പിത സമൃദ്ധിയായിട്ടറിയുന്നു കാൽപ്പനിക വ്യവഹാരമായിട്ടറിയും കാൽപ്പനിക വ്യവഹാരമായിട്ടറിയുമ്പോൾ നമ്മൾ ധരിക്കുന്ന തരത്തിൽ ഈ വ്യവഹാരം ഒടുങ്ങേണ്ട ആവശ്യം മരുഭൂമിയുടെ ജലം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു അത് മരുഭൂമിയെ നനയ്ക്കുന്നില്ലെങ്കിലും ആ ജലം അവിടെ നിൽക്കുന്നതുകൊണ്ട് ആർക്കാ ദോഷം അതുകൊണ്ടെന്താ തകരാറ് ശരിയാ ജലം നനയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം പക്ഷെ അത് നനയ്ക്കുന്നില്ല അപ്പോ ആചാര്യത്തെ സംബന്ധിച്ചിടത്തോളം വ്യവഹാരം അങ്ങനെയാ നിനക്കുന്നു കാൽപ്പനികമായി നിലനിൽക്കുന്നു എന്നാണ് കൂടെ പറഞ്ഞത് അതുകൊണ്ട് ആ കാൽപ്പനികമായ വ്യവഹാരത്തിൽ ശാസ്ത്രം വിശേഷ്യം തുടങ്ങിയത് എല്ലാം നിലനിന്നാലും ചിത്തം നിർവിഷയവും അസംഘവുമായി തന്നെ നിലനിൽക്കുന്നു മറ്റ് സർവ്വത് ബന്ധമാണ് കേവലം ചിത്തസ്പന്ദനമായി നിലനിൽക്കുന്നു അതുകൊണ്ട് ആചാര്യനും ഉറപ്പിച്ചു പറയാതാണ് ഇത് അസന്ധമാണ് അപ്പൊ അവിടെ ആ നിലയിലാണ് പറയുന്നത് ബന്ധമോക്ഷങ്ങൾക്കൊന്നും പ്രസക്തിയില്ല അവിടെ ബന്ധത്തെ നിരാകരിക്കുന്നില്ല മോക്ഷത്തെ ആർജിക്കാൻ ശ്രമിക്കുന്നില്ല കാരണം ഇത് കാൽപ്പനികമായ ഈ വ്യവഹാരങ്ങളിൽ അത് അതുകൊണ്ട് ബാധിക്കപ്പെടുന്ന ഒന്നല്ല തന്റെ നില ഈ വ്യവഹാരങ്ങൾ തുടരുകയോ തുടരാതിരിക്കുകയോ ചെയ്യട്ടെ അതുകൊണ്ട് ദോഷമൊന്നും വരുന്നു പറഞ്ഞല്ലോ മരുഭൂമിയുടെ ജനം മരുഭൂമി നനയ്ക്കുന്നുണ്ടെങ്കിൽ ആ ജനം അവിടെ ഇല്ലാതിരിക്കട്ടെ രണ്ടെന്താ വിശേഷിച്ച് സംഭവിക്കുന്നത് അതുകൊണ്ട് ആചാര്യന് ഒരിക്കലും നമ്മൾ ധരിക്കുന്നതുപോലെ വ്യവഹാര ഭീരുവല്ല വ്യവഹാരത്തെ ഭയക്കുന്ന ആരാണ് അജ്ഞനാണ് കാരണം അതിന്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു അതിന്റെ ധർമാധർമ്മങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു പുണ്യപാവങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു ജീയപരാജയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു അയാളെ സംബന്ധിച്ചിടത്തോളം വ്യവഹാരം എന്താണ് ദ്വന്ദ്വാത്മകമാണ് ദ്വന്ദ്വാത്മകമായ ഫലത്തെ ഉണ്ടാക്കുന്നതാണ് അത് പരമാർത്ഥമാണ് ഇപ്പോൾ വ്യവഹാരത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു വ്യവഹാരത്തെ ഭയപ്പെടുന്നു പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇത് കാൽപ്പനികമാണ് കല്പിതസമൃദ്ധിയാണ് അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ വ്യവഹാരം കൽപ്പിത സമൃദ്ധിയാണ് പിന്നെ അവിടെ എന്താ സ്വീകരിക്കാൻ എന്താണ് തെജിക്കാൻ വ്യവഹാരത്തെ ഒഴിവാക്കിയിട്ട് ഇവിടെ പോകാനാണ് പോകാനൊരു സ്ഥലം നമ്മൾ വ്യവഹാരത്തെ ഒഴിവാക്കിയിട്ട് ഗുഹയിൽ പോകും ഗുഹയും എന്താണ് കൽപ്പിത സമൃദ്ധിയാണ് അപ്പോൾ ഇവിടെ ഏത് വ്യവഹാരത്തെയാണ് സ്വീകരിക്കുന്നത് ഏത് വ്യവഹാരത്തെയാണ് തള്ളിക്കളയുന്നത് അവിടെ ഗ്രാഹി ത്യാജ്യ ബുദ്ധി കാൽപ്പനികമായി എന്ത് സംഭവിക്കാം അനുഗ്രഹിക്കാം തിരിക്കാം പരമാർത്ഥത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് അങ്ങനെ വ്യവഹാര ഭീരുത്വം അതില്ല അതാണ് പരമാർത്ഥ സന്യാസം പൊതുവെ സന്യാസത്തിലേക്കും മറ്റും വരുന്നവർ ഈ വ്യവഹാര ഭീരുക്കളാണ് വ്യവഹാരത്തെ ഭയന്നിട്ടാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ എനിക്ക് മതിയായി ഇനി കുറച്ചു കാലം സ്വാമിയായിരിക്കാം സ്വാമി എന്നും പറഞ്ഞാൽ വരുന്നത് അതെന്തിനാ ഭയക്കുന്നത് വ്യവഹാരത്തെയാണ് അതാണ് പറയുന്നത് ഇത് കല്പിത സമൃദ്ധിയാണ് ഗുഡാചാര്യം പറയുന്നത് അതന്നെ അതിഥിയാൽ രണ്ടെന്നുള്ളത് വരുമ്പോ ഭയം വരുന്നു കല്പിതസമൃദ്ധിയാണെങ്കിൽ രണ്ടില്ല പിന്നെ ഇവിടെ ഭയം എവിടേക്കാണ് മനുഷ്യ ഓളിച്ചോടുന്നത് ഉപേക്ഷിച്ചിട്ട് ഓടുന്നത് എവിടെയാണ് ഉപേക്ഷിച്ചിട്ട് ഓടുന്നത് നല്ലതാണ് ഉപേക്ഷിച്ചതെന്ന് ഉപേക്ഷിച്ചത് അബദ്ധമാണെന്ന് മനസ്സിലാക്കുന്നത് വരെ അതുവരെ പിന്നീടത് നല്ലതാണ് അതാണ് ഇവിടെ പറയുന്നത് യുദ്ധം യുക്തം അസംഘം ജനകം ഇവിടെ പറയുന്ന അസംഖതയെക്കുറിച്ചാണ് അസംഘയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് അസംഘനാകേണ്ട കാര്യമൊന്നുമില്ല എന്തുകൊണ്ടാതതിന്റെ സഹജമായ ഭാവമാണ് സ്വഭാവമാണ് ആ സഹജാവത്തിൽ ഈ കല്പിതസമൃദ്ധിയെ തിരിച്ചറിഞ്ഞാവുന്നുാരങ്ങളും കാൽപ്പനികമാണെന്ന് അറിഞ്ഞാവും തേനകീർത്തിതം അത് വളരെ വ്യക്തമായി ആചാര്യൻ പറഞ്ഞിരിക്കുന്നു ശ്രുതി പറഞ്ഞിരിക്കുന്നു ന പരതന്ത്രാഭിഷ്പം സു ശാസ് അജിമവി കല്പന സംവൃദ്ധി സെക്കുറിച്ച് പരമാവധി ഏതുവരെ ചിന്തിക്കാമോ അതുവരെ ചിന്തിക്കുകയാണ് ശാസ്ത്രത്തെ കുറിച്ച് ലോകത്തെ കുറിച്ച് പിന്നെ വ്യവഹാരത്തെക്കുറിച്ച് ബന്ധം മോക്ഷം ഇതിനെയെല്ലാം കുറിച്ച് പറഞ്ഞു ഇത് കല്പിതസമൃദ്ധിയാണ് ഇതെല്ലാം കാല്പനികമായ വ്യവഹാരമാണെന്ന് പറഞ്ഞു അപ്പൊ നേരിട്ട് ചോദിക്കാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ആത്മാവിനെ കുറിച്ച് പറയുന്നത് തുരിയെ കുറിച്ച് പറയുന്നത് ഇതും ഒരു കല്പനിക വ്യവഹാരമായിക്കൂടെ ഇതും ഒരു മരീതിക പോലെയും രജു സപ്പവും പോലെയും ഇതും ഒരു കൽപ്പനായിക്കൂടെ എന്നാണ് ഇത് കല്പനയാണെന്ന് പറഞ്ഞാലോ ഈ പറയുന്നതിനൊന്നും യാതൊരു അർത്ഥവും നേരത്തെ പറഞ്ഞല്ലോ അജ പൂർണ ശാശ്വത എന്നെല്ലാം പറയും ഇതുമെല്ലാം കൽപ്പനകളാണെങ്കിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കൽപ്പനകൾ അത് കല്പിതമായതുകൊണ്ട് പ്രപഞ്ചം കൽപ്പിതമെന്ന് പറയും ആത്മാവിനെ കുറിച്ചുള്ള കൽപനകൾ അതും അതും കേവലം കല്പന മാത്രമായതുകൊണ്ട് ആത്മാവും കൽപ്പിതമാണെന്ന് പറഞ്ഞു അതാണ് ചോദിച്ചത് സാധാരണ ആൾക്കാരെ ചോദിക്കും ശരി പ്രപഞ്ചം മിഥിയാണ് അങ്ങനെയാണ് എന്തുകൊണ്ട് ആത്മാവ് മിഥിയായി കൂടാതെ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഇവിടെയും ചോദിക്കുന്നത് ശാസ്ത്രാദീന സമ്പ്രദിച്ച് ശാസ്ത്രാദിയെ നിങ്ങൾ കാൽപ്പനികമായ വ്യവഹാരമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അജയ് അഭി നിങ്ങളുടെ ഇവിടുത്തെ സിദ്ധാന്തം അതെന്താണ് അജൻ അതാണല്ലോ അജാതവാദം അതാണല്ലോ നമ്മൾ പറയുന്നത് ഇയമബി കൽപ്പന സമൃദ്ധി ഇതും വെറും കാൽപ്പനികമായ വ്യവഹാരമായിക്കൂടെ ആവിദ്യകം ഈ കൽപ്പനയും എന്നിട്ട് ഇതിനെ സംബന്ധിച്ച് നിങ്ങളുടെ വ്യവഹാരങ്ങൾ നിങ്ങളുടെ ചിന്ത നിങ്ങളെ പറച്ചൽ ആചാര്യന്റെ ഗ്രന്ഥം ഇതെല്ലാം എന്താണ് വെറും കാൽപ്പനികമായ വ്യവഹാരം ആയിത്തീരും നടക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നു ഇതെല്ലാം കല്പനയാണ് പരമാർത്ഥമല്ല എന്ന് പറയുന്നു ഈ പരമാർത്ഥം പരമാർത്ഥം എന്ന് പറയുന്നത് ഇതും ഒരു കല്പനയല്ല കാരണം പരമാർത്ഥം എന്ന് ആരാ പറയുന്നത് ഈചിത്വം തന്നെയാണ് പറയുന്നത് ഈചിത്വം വെളിപ്പെടുന്നതെല്ലാം വ്യവഹാരമാണെങ്കിൽ കാൽപ്പനിക വ്യവഹാരമാണെങ്കിൽ ഇതെല്ലാം സത്യമായ വ്യവഹാരമാണെങ്കിലും അവിടെ തർക്കമില്ല പല ശാസ്ത്രങ്ങളിലെല്ലാം പറയുന്ന അതാണ് ഭൗതിക ശാസ്ത്രജ്ഞന്മാരും പറയുന്ന ഇതാണ് ഇതൊക്കെ വ്യവഹാരം തന്നെ പക്ഷെ അത് പരമാർത്ഥമാണ് ചാര്യൻ മാത്രമാണ് പറയുന്നത് ഏത് കാൽപ്പനികമായ വ്യവഹാരമാണ് നിങ്ങളുടെ എന്തിനാണോ സത്യം എന്ന് പറയുന്നത് അതും ഒരു കാല്പനികമായി കൂടെ എന്നാണ് എന്തുകൊണ്ട് ഇതെല്ലാം ചിത്രത്തിന്റെ പ്രവൃത്തികളല്ലേ പറയുന്നു സത്യമേവം പറയുന്നു ഞങ്ങളും അത് പറയുന്നത് നിങ്ങൾ അജം നിത്യം ശാശ്വതം ഇതെല്ലാം പറയുന്നതും കാൽപ്പനികമായ വ്യവഹാരങ്ങൾ തന്നെയാണ് അല്ലാതെ ഈ പ്രപഞ്ചം മാത്രം കാൽപ്പനിക വ്യവഹാരമെന്നെല്ലാം പറയുന്നു അജമെന്ന് പറഞ്ഞാലും അത് കാൽപ്പനികമായ വ്യവഹാരം തന്നെ മുമ്പും അത് പറഞ്ഞിട്ടുള്ളതാണ് എന്തുകൊണ്ട് അജം എന്നുള്ള ശബ്ദം അതിന് വെളിപ്പെടുത്തുന്നുണ്ടല്ല സച്ഛതാനന്ദ്ര ശബ്ദത്തിനു വെളിപ്പെടുത്താൻ പറ്റും വ്യവഹാരം എന്ന് പറയുന്നത് എന്താണ് ഒന്നിൽ നിങ്ങളുടെ ചിന്ത അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മപ്രയോഗം അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചു വരുന്ന നിങ്ങളുടെ പ്രവൃത്തികൾ ഇതാണ് വ്യവഹാരമെന്ന് പറയുന്നത് ഈ മൂന്നിനും ആ പരമാർത്ഥത്തെ വെളിപ്പെടുത്താൻ ശേഷിയില്ല എന്തുകൊണ്ട് കർമ്മം അതുകൊണ്ട് സാധ്യമല്ല റിയാം ആ കർമ്മം നശിക്കുന്നതാണ് നിങ്ങൾ അജൻ നിത്യൻ എന്നെല്ലാം പറയുന്ന നിങ്ങളുടെ ചിന്തയായനുസരിച്ച് മനസ്സായ വാക്കായനുസരിച്ച് വാക്ക് നമുക്കറിയാം അതും ക്ഷണികമാണ് പറയുന്നു നമ്മളത് കേൾക്കുന്നു ആ പറച്ചടുത്ത ക്ഷണം അത് നശിച്ചു ശബ്ദം നശിക്കുന്നു പറയാം അത് വായുവിലോ ആകാശത്തിലോ വിനയിക്കുന്നു എന്ന് പറയാം അപ്പൊ അതെങ്ങനെ സത്യമാവും അതുപോലെ തന്നെ ചിന്തയും നമ്മൾ ചിന്തിക്കുകയാണ് രാജമാണ് നിത്യമാണ് ശാശ്വതമാണ് നിർഗുണമാണ് ഈ ചിന്തകൾ എന്ത് ചെയ്യുന്നു ആ ചിന്തകൾ എവിടെ നിന്നാണ് ഉയരുന്നത് അവിടേക്കാണ് വിനയം പ്രാപിക്കുന്നു അപ്പൊ ഇതും ഇതൊക്കെ എങ്ങനെ സത്യമാകും ഇത് സത്യം എന്നല്ല പറയുന്നതിന് താല്പര്യം നിങ്ങളങ്ങനെ ധരിച്ചു പോയതാണ് നിങ്ങളെന്ത് ധരിച്ചോ സത്യം ഈ പറഞ്ഞതാണ് ഈ ചിന്തിച്ചതാണ് പരമാർത്ഥവും ധരിച്ചു പ്രപഞ്ചം മിഥ്യ ഈ പറയുന്നതും ചിന്തിക്കുന്നതും പരമാർത്ഥങ്ങളും തിരിച്ചു ഇതൊന്നുമല്ല ഇതെല്ലാം വ്യവഹാരങ്ങളാണ് കാൽപ്പനികമായ വ്യവഹാരമാണ് അത് ബ്രഹ്മത്തെക്കുറിച്ചായാലും ശരി പ്രപഞ്ചത്തെക്കുറിച്ചായാലും ശരി വ്യവഹാരം പൂർണ്ണമായും കാൽപ്പനികന്നാണ് പറയുന്നത് അതുകൊണ്ട് അത് അജാതവാദമായാലും അദ്വൈതവാദമായാലും ദ്വൈതവാദമായാലും ഏതെങ്കിലും ഒന്നിനിവിടെ സത്യമൊന്നും സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് സത്യമേവം ശാസ്ത്രാദി കൽപ്പിത സമൃദ്ധിയായി വാചയിപ്പിച്ച ഇവിടെ അസാധാരണ ഒരുവൻ അവന്റെ അനുഭവം ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലൂടെ ഉള്ള ഈ അനുഭവത്തിലൂടെ ഈ പ്രപഞ്ചത്തെ അറിയുന്നു ലൗകിക വ്യവഹാരം എന്ന് പറയാം ശാസ്ത്രീയ വ്യവഹാരമല്ല അവന്റെ മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം പറയുന്നു ഇതൊക്കെ സത്യമാണെന്ന് പറയാം അതിന് ശാസ്ത്രം നിഷേധിക്കുന്നു പറയുന്നത് അത് കാൽപനികമാണ് കൽപ്പിത വ്യവഹാരമാണ് പരമാർത്ഥമല്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ടും അതേ ശാസ്ത്രം തന്നെ പറയുന്ന നീ അജനാണ് നിത്യനാണ് ശാശ്വതനാണ് ഇതും കല്പിതമായ വ്യവഹാരം തന്നെ എന്തുകൊണ്ട് ആത്മാവ് വ്യവഹാര അതീതമായിരിക്കുന്ന ആത്മാവിനെ നമ്മൾ വ്യവഹാരത്തിന് അധീനമാക്കിയാൽ അതങ്ങനെ സത്യമാണ് ശാസ്ത്രാദികൽപ്പിത സമൃദ്ധിയാണ് അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് ശാസ്ത്രത്തിന് വെളിപ്പെടുത്താൻ കഴിയിട്ട എന്ന് പറയുന്നത് ആ പാരമാർത്ഥികമായ നിലയെ ശാസ്ത്രത്തിന് വെളിപ്പെടുത്താൻ ശേഷിയില്ല എന്തുകൊണ്ട് ശാസ്ത്രവും കൽപ്പിതമായ സമൃദ്ധിയാണ് ശാസ്ത്രവും വെറും കാൽപ്പനികമായ അതുകൊണ്ടാണ് അജ എന്ന് പറയുന്നത് അതുകൊണ്ട് അജമെന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥമാണ് പരമാർത്ഥം ധരിച്ചത് അല്ലെങ്കിൽ പരമാർത്ഥം എന്ന് പറയുന്ന ശബ്ദത്തിലൂടെ പരമാർത്ഥത്തെ വെളിപ്പെടുത്തിയെന്നോ പരമാർത്ഥം തനിക്ക് വെളിപ്പെട്ടെന്നോ ധരിച്ചുകളയോ ചിന്തയും കാല്പനികമായ ഉപഹാരം തന്നെ അത് ഏതിനെ സംബന്ധിച്ചായാലും ആത്മാവിനെ സംബന്ധിച്ചായാലും ശരി അനാത്മാവിനെ സംബന്ധിച്ചായാലും ശരി അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് വ്യവഹരിക്കുന്നത് എന്നർക്കം അറിയാതെ ഇതറിയാതെയാണിത് വ്യവഹരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ആക്ഷേപിക്കാം നിങ്ങൾ ഉപദേശിച്ച ഉപദേഷ്ടാവിനും തെറ്റിപ്പോയി നിങ്ങൾ പറഞ്ഞ ദോഷങ്ങൾ നിങ്ങൾ വെളിപ്പെടുത്തുന്ന ആത്മാവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും വരുമോ എന്ന് പറയാം പറയുന്നു അങ്ങനെയല്ല റിയാം എന്താണ് ശാസ്ത്രാദി കല്പിത സമൃദ്ധിയായി ഭാഗിച്ചത് അജ എന്ന് പറയുന്നതും ആ കാൽപ്പനികമായ വ്യവഹാരത്തെ ആശ്രയിച്ചിട്ടാണ് പരമാർത്ഥ പരമാർത്ഥത്തിൽ ഇത് അജനുമല്ല അജൻ എന്ന് പറയണമെങ്കിൽ എന്തുവേണം ജനിക്കാത്തവൻ എന്ന് പറയണമെങ്കിൽ തന്നെ എന്താണ് ജന പറയാൻ പറ്റും അതും കാലദേശങ്ങളെ അപേക്ഷിച്ച് പറയാൻ പറ്റൂ അതങ്ങനല്ല എങ്ങനെ യസ്മാ പരതന്ത്ര അഭിനിഷ്ഠ്യ പരശാസ്ത്ര പ്രസിദ്ധി അപേക്ഷ യോ അജയിത്യുക്ത സമൃദ്ധിയെ എന്ന് പറയേണ്ടി വരുന്നു പരശാസ്ത്രത്തിൽ എന്തെങ്കിലും വേറൊരുവനും പറയുന്നു ഇത് ജനിക്കുന്നതാണോ വേറൊരു പറയുന്നു ഇത് സത്യമാണ് എന്ന് പറയുന്നോണ്ട് പറയേണ്ടി വരുന്നത് അസത്യമാണെന്ന് വേറൊരു പറയുന്നത് പരമാർത്ഥമാണെന്ന് പറയുന്നത് അതുകൊണ്ട് പറയേണ്ടി വരുന്നത് പരമാർത്ഥമല്ല എന്നുവെച്ചാൽ ആ ശബ്ദാർത്ഥങ്ങളിൽ നിന്ന് നിങ്ങൾ സത്യത്തെ ബോധിക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ല പറയുന്നത് മറിച്ച് ഇത് ശബ്ദാർത്ഥങ്ങൾക്ക് അപ്പുറമാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് അതുകൊണ്ട് അതിനെ കുറിച്ച് തർക്കിക്കാൻ ശ്രമിക്കരുതെന്നാണ് അത് വാദത്തിന് വേണ്ടി പറയുന്ന എന്ന് വെച്ചാൽ വാദത്തിലൂടെ ഒന്നിനെ സമ്മർദ്ദിക്കാൻ വേണ്ടി പറയുന്നതല്ല പരതന്ത്ര അഭിനഷ്പിത്യ പരശാസ്ത്ര പ്രസിദ്ധിയും അപേക്ഷ പരശാസ്ത്ര എന്താണ് അതിനനുസരിച്ച് പറയണം സത്യമാണ് ഇതെല്ലാം ഇത് ജനിക്കുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള ഇതിനെ അതല്ല എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിട്ട് അവിടെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എന്താണ് നേതി നേതി അതാണ് ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതല്ല ഇതല്ല എന്ന് ബോധിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് സസംവൃദ്ധിയ ജായത്തെ അവിടെ അജന എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ് അത് ആ ജന്മം അത് കാൽപ്പനികമാണെന്ന് ബോധിപ്പിക്കാനാണ് അജനെന്ന് പറയുന്നത് ജനിക്കാത്തവനെന്ന് പറയുന്നു അതാ ജനിക്കാത്തവനെന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ജനിക്കാത്തതെന്നാ പറയുന്നത് ഇന്നുവരെ ജനിച്ചിട്ടില്ലാത്ത കുഞ്ഞ് ജനിക്കാത്തതെന്ന് പറയും കാലത്തെ അപേക്ഷിച്ച് പറയുന്നതാണ് നാളെ ജനിക്കേണ്ടവനാണ് ഇന്നുവരെ ജനിച്ചിട്ടില്ല അതിനാണ് നമ്മൾ അജൻ ജനിക്കാത്തവനെന്ന് പറയുന്നത് അപ്പൊ അജന എന്ന് പറയുന്ന വ്യവഹാരം കാലത്തെ അപേക്ഷിച്ചിട്ടാണ് ഇന്നുവരെ പലരും ജനിച്ചു കഴിഞ്ഞു അതിനപേക്ഷിച്ചാണ് പറയുന്നത് അവൻ ജനിച്ചിട്ടില്ല അജനെന്ന് പറയുന്നത് അപ്പോൾ ജനിക്കാത്തവൻ ജനിച്ചവനെന്ന് പറയുന്നത് സാപേക്ഷികമാണ് കാലത്തെ അപേക്ഷിച്ച് പറയുന്നത് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അജൻ എന്നുള്ള ശബ്ദം പ്രയോഗിക്കുന്നത് അതിന്റെ താല്പര്യം നമ്മൾ ധരിക്കുന്നതല്ല എന്നാണ് ഇത് രണ്ടും കാൽപ്പനികമായ സമൃദ്ധിയാണ് വ്യവഹാരം അതുകൊണ്ട് ഈ പരമാർത്ഥത്തെ സംബന്ധിച്ച് ഏതെല്ലാം ഭാഷ ഉപയോഗിച്ചോ പരമാർത്ഥം എന്തെല്ലാം ഉപയോഗിച്ചോ അതെല്ലാം കാൽപ്പനികമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ വാക്യാർത്ഥത്തിലൂടെ അതിനെ ബോധിപ്പിക്കാമെന്ന് വെറുതെ ധരിച്ചിട്ടല്ല ഈ ശബ്ദങ്ങൾ പ്രയോഗിക്കുന്നർത്ഥം അതോ അജ നിയമവികൽപന പരമാർത്ഥ വിഷയേ നൈവക്രമത്തെ അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് അവസാനം പറഞ്ഞ ഒരു വാക്കാണ് അജ എന്നാണല്ലോ നമ്മൾ ധരിച്ചിരിക്കുന്നത് ശരി അതിനപ്പം പറയാനില്ല പക്ഷെ ഇമവികൽപ്പന ഇതും എന്താണ് കേവലം വ്യവഹാരം മാത്രമാണ് പരമാർത്ഥ വിഷയ നൈവക്രമതെ പരമാർത്ഥത്തെ ഇതൊന്നും വെളിപ്പെടുത്തുന്നില്ല അതുകൊണ്ടാണ് ഇത് തുടക്കത്തിൽ പറഞ്ഞു എന്താണ് ഇത് മനസ്സും വാക്കും മനസും വാക്കും എങ്ങനെയാണോ സർവ വിഷയങ്ങളെയും അതുപോലെ ഇതിനെ വെളിപ്പെടുത്തുന്നില്ല അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അജഹാ നിത്യഹ ുന്നത് മറിച്ച് ഇതാണ് സർവത്തെയും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ ഒന്നിനും വെളിപ്പെടുത്താൻ കഴിയില്ല ഇത് സർവത്തെയും വെളിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് പറഞ്ഞ ചിത്തസ്പന്ദനം ചുരിയസ്പന്ദനം എന്ന് പറയുന്നിടത്തെ ചുരിയസ്പന്ദനം കൊണ്ട് ഇതെല്ലാം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനെല്ലാം വെളിപ്പെടുത്തുന്ന ഏതാണോ അതാണ് പരമാർത്ഥം ജാഗ്രതനെയും സ്വപ്നത്തെയും സുഹൃപ്തിയെയും തുര്യനെയും നോക്ക് പ്രകാശിപ്പിക്കുന്നു ആ പ്രകാശം അതാണ് പരമാർത്ഥം അതിന് ഈ ഒരു ശബ്ദങ്ങൾക്കും നിഷേധാത്മകമായ ശബ്ദങ്ങൾക്കോ ഭാവാത്മകമായ ശബ്ദങ്ങൾക്കോ ഒന്നും അതിനെ വെളിപ്പെടുത്താൻ സാധ്യമല്ല അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശബ്ദങ്ങളെ പ്രയോഗിക്കുന്നത് അതിന് വെളിപ്പെടുത്താൻ കഴിവില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആത്യന്തികമായി സർവ്വ വ്യവഹാരങ്ങളും എന്ന് ബോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പ്രയോഗിക്കുന്നത് ആ ബോധത്തിൽ വ്യവഹാരങ്ങളെല്ലാം കാൽപ്പനികമാണെന്ന് സ്വയം അനുഭവപ്പെടുന്നു അതിനുവേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു വ്യവഹാരത്തെ സത്യമാണെന്ന് ധരിച്ചുകൊണ്ടല്ല ഈ സർവ വ്യവഹാരങ്ങൾക്കും ആസ്പദമായിരിക്കുന്ന എന്തോ ഏതെന്തിനാണോ ഈ സർവവ്യവഹാരങ്ങളും നിലനിൽക്കുന്നത് അത് പരമാർത്ഥം എന്ന് ബോധിപ്പിക്കുകയാണ് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നേതി നേതി എന്ന് പറഞ്ഞ് നിഷേധിച്ചാൽ നിഷേധിക്കാൻ കഴിയാതെ അവസാനിക്കുന്ന എന്തോ അല്ലെങ്കിൽ സർവകല്പനയ്ക്കും ആധാരമായി നിൽക്കുന്ന എന്തോ സർവകൽപ്പന വിനർമുക്തമായിരിക്കുന്ന എന്തോ അതിനെ ബോധിപ്പിക്കാൻ വേണ്ടി ഈ കൽപ്പനകൾ ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് അത് കല്പിതസം പരമാർത്ഥേനാപ്യത പരത്തന്ത്രഷ്പയാ സംവൃത്ത ജാതെ സ